നിങ്ങൾ അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളവരെ അവഗണിക്കാൻ വേണ്ടി അവർ അള്ളാഹുസുബാനുഹു വച്ചാല നാമത്തിൽ സത്യം ചെയ്യും അതിനാൽ നിങ്ങളവരെ അവഗണിക്കുക തീർച്ചയായും അവർ മാലിന്യമാണ് അവർ സമ്പാദിച്ചതിൻറെ പ്രതിഫലമായി അവരുടെ താവളം നരകമായിരിക്കും